ഷയം സത്യമാകാം ആരോപത്തിന്റെ വിഷയം വിഷയം എന്ന് വെച്ചാൽ ഇവിടെ വിശേഷം എന്നുള്ള അർത്ഥത്തിന് ബ്രഹ്മസ്ഥലത്ത് രജ്ജു സർപ്പടുത്ത് സർപ്പം വിശേഷണവും രജ്ജു വിശേഷിയുമാണ് അധിഷ്ഠാനം ആരോപവിഷയം സത്യമാണ് അതായത് എന്റെ അധിഷ്ഠാനം സത്യമാണ് ബ്രഹ്മസ്ഥരത്ത് രജ്ജുവിൽ സർപ്പത്തെ കാണുമ്പോൾ എന്റെ വിശേഷം അതായത് വിശേഷത്തിന്റെ വിശേഷം രജ്ജു അതിനെ അത് സത്യമാണ് അധിഷ്ഠാനം എന്ന് പറയും ം നമുക്ക് ബ്രഹ്മസമയത്ത് പ്രത്യക്ഷമാക്കും റജ്ജുവിൽ സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇവിടെ സർപ്പം പ്രത്യക്ഷമാണ് റജ്ജു പ്രത്യക്ഷമാണ് ആ പ്രത്യക്ഷമുണ്ടാകുന്ന രജ്ജുവിനാണ് അധിഷ്ഠാനം സത്യമാണ് അത് പ്രത്യക്ഷമല്ലെങ്കിലും ഹിതം ഇത് ഇതം രജതം ഇയം രജു എന്നെല്ലാം പറയുന്നിടത്ത് ഇതം ശബ്ദം കൊണ്ട് അങ്ങനെ പറയുന്നു ഇതം എന്നൊന്നും പ്രത്യക്ഷമാവുന്നുണ്ടാവും റിജു എന്നുള്ള രൂപത്തിലോ ശുക്തി എന്നുള്ള രൂപത്തിലോ പ്രത്യക്ഷമാവുന്നുണ്ടാവും പക്ഷെ ഇതം ഭ്രമസ്ഥലത്ത് ഭ്രമ ഉള്ള വ്യക്തി പറയുന്നു ഇത് സർപ്പമാണോ ഇത് വെള്ളിയാണോ എന്നൊക്കെ പറയുന്നു ഭ്രമം ഉണ്ടാവുന്ന സ്ഥലത്ത് നമുക്ക് പ്രത്യക്ഷമാകാത്ത വിശേഷം അതിനെയാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമാകുന്ന ഒരു വിശേഷം ഉണ്ട് ഗീതം അതിനെ ആധാരം എന്നും പറയും അങ്ങനെ ചെറിയ വ്യത്യാസപ്പെടുത്തി പറയും അടുത്തൊന്നായിട്ടും പറയും ആധാരമെന്നും അധിഷ്ഠാനമെന്നും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആധാരമെന്ന് പറയുന്ന എല്ലാ പൊതുവായി അനുഭവപ്പെടുന്ന ഹിതം അതിനാണ് ആധാരം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസമയത്ത് പ്രത്യക്ഷമാകാത്ത ഓരോ ഭ്രമത്തിലും വ്യത്യസ്തമായിരിക്കും സർപ്പഭ്രമത്തില് രജ്ജു രചിതഭ്രമത്തില് ശുക്തിക ഇതിനേക്കാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത് വിശേഷമായി അവിടെ ഇരിക്കുന്നതും പ്രത്യക്ഷമാകാത്തതും അധിഷ്ഠാനമെന്നും സാമാന്യമായിരിക്കുന്നതും ബ്രഹ്മസമയത്ത് പ്രത്യക്ഷമാകുന്നതിന് ഇതം അതിനെന്തുപറയുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ വേറെ തിരിച്ച് പറയുന്നുണ്ട് അതിന്റെ പ്രയോജനവും ഉണ്ട് അതിന് വരുന്ന സാ ആരോപിഷയെന്ന് വെച്ചാൽ അതിന്റെ അധിഷ്ഠാനം അത് സത്യമാണ് അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് പരത്ര എന്ന് പറഞ്ഞത് അത് വ്യാഖ്യാനിക്കുന്ന പരത്ര ശുക്തിഘാതവും ഭ്രമത്തിന്റെ സുപ്തിക രജ്ജു തുടങ്ങിയ സ്ഥലങ്ങള്രത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ അധിഷ്ഠാനം ശുക്തി അല്ലെങ്കിൽ ശുപ്തിക അല്ലെങ്കിൽ രജ്ജു ഇതിനെക്കാളും പരത്ര എന്ന് പറഞ്ഞിരിക്കുന്നു സപ്തമിയ പര മറ്റൊരു സ്ഥലത്ത് എന്നർത്ഥം ശുദ്ധിയിൽ അല്ലെങ്കിൽ കയറിൽ എന്നർത്ഥം ശുദ്ധിഗാതവും പരമാർത്ഥ സതി വ്യവഹാര സത്യം വ്യവഹാരികമായി സത്യത്തോളം അതിനിവിടെ പരമാർത്ഥം എന്ന് വെച്ചാൽ വ്യാവഹാരികമെന്ന് അതിന്റെ പരമാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ് അവിടുത്തെ ഭ്രാന്തി അപേക്ഷിച്ചത് പരമാർത്ഥം രജത്വത്തെ അപേക്ഷിച്ച് പരമാർത്ഥമാണ് ശുദ്ധി അത് പക്ഷെ വ്യാവഹാരിക സത്യമാണ് സർപ്പത്തെ അപേക്ഷിച്ച് പരമാർത്ഥമാണ് കാര്യം എന്ന് വെച്ചാൽ വ്യാവഹാരിക സത്യമാണ് അങ്ങനെയുള്ള വ്യവഹാരിക സത്യത്തിലതാണ് പരമാർത്ഥ സതി പരത്രയുടെ അർത്ഥമാണ് പറഞ്ഞത് അധിഷ്ഠാനത്തിൽ പൂർവ്വദിഷ്ട അവഭാസം മുൻപ് കണ്ടാവുന്നതിന്റെ അനുഭവം മുമ്പ് അനുഭവിച്ചതിന്റെ അനുഭവം അതാണ് ഭ്രാന്തി മുമ്പ് എവിടെയോ ഒരു സർപ്പം ഞാനോ ഉണ്ടായി ഇപ്പൊ വീണ്ടും എന്ത് അതിന്റെ ഒരു അനുഭവം ഉണ്ടാകുന്നു ഇത് ഭ്രാന്തിയാണ് എവിടെ മുമ്പ് ശുക്തിയെ കണ്ടിട്ട് ശുക്തി എന്നറിഞ്ഞു രജതത്തെ കണ്ടിട്ട് രചതം എന്നറിഞ്ഞു രജുവിനെ കണ്ടിട്ട് രജു എന്നറിഞ്ഞു സർപ്പത്തെ കണ്ടിട്ട് സർപ്പം എന്ന് ഇവിടെ അങ്ങനെയുള്ള നേരെ തിരിച്ചാണു ശുക്തിയെ കണ്ടിട്ട് രജതം എന്നറിയുന്നു രജ്ജുവിനെ കണ്ടിട്ട് സർപ്പം എന്നറിയുന്നു അപ്പൊ ഭ്രാന്തിയായി പരമാഅനേന സത്യാനുത മിഥുനമുക്തം അപ്പൊ പരത്ര പരാഭിഭാസം എന്ന് പറയുമ്പോ എന്താണ് ശുക്തിയിൽ രജിതം ഞാനൊന്നു പറയുന്നത് സത്യമായി ശുക്തി വ്യവഹാരിക രജതമായി പ്രാതിഭാസികം രണ്ടും വെള്ളം ഇതനം ഒന്ന് രണ്ടും ഒന്നായി അനുഭവപ്പെടുന്നു അങ്ങനെ ഇതം രജതം അയം സർപ്പ സർപ്പ രണ്ടൂടെ ചേർന്ന് അനുഭവപ്പെടുന്നു എൻ രജ്ജുഹു എന്നിടത്ത് ആ ഇയം എന്ന് പറയുന്നത് തന്നെയാണ് അയം സർപ്പ എന്നിടത്ത് അയമായി വരുന്നു ഒന്ന് തന്നെ ഇതം തന്നെ എം ശുദ്ധിഹി എന്നടത്തെ ആ തന്നെയാണ് ഇതം രേതം എന്നിടത്ത് ഹിതമായി വരുന്നു ഇത് എന്ന് പറഞ്ഞു അപ്പൊ പറയുന്നത് ഭ്രഹ്മുള്ള സമയത്തുകൊണ്ട് ബ്രഹ്മം മാറിയാലും ഉണ്ട് ബ്രഹ്മുള്ള സമയത്ത് എന്താണോ ഇതം രജതം അങ്ങനെ ഭ്രഹം മാറിയാലോ ഇയം ശുദ്ധിഹി ഒന്ന് തന്നെ അതുപോലെ തന്നെ സമയത്ത് അയം സർപ്പ ബ്രഹ്മം ടി എം രജ്ജു ഇങ്ങനെ ഇതം ശബ്ദം തന്നെ രണ്ടു വരെ അപ്പോ അതുകൊണ്ട് അവിടെ എന്താ വരുന്നത് സത്യവും അല്ലുതും തമ്മിലുള്ള മിഥുനം ഒന്നാകുന്ന പരിപാടിയാണ് ഒന്നാകുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു അവിടെ ആധാരജ്ഞാനമുണ്ട് ആരോപണീയം ആരോപിതജ്ഞാനമൊക്കെ ആധാരജ്ഞാനമാണ് ഇതം എന്നുള്ള അനുഭവം ആരോപണീയജ്ഞാനമാണ് സർപ്പം രജതം എന്നൊക്കെയുള്ള അനുഭവം പിന്നെ ആരോപണീയം ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥം അതാണ് എന്ന് പറയുന്നത് മിഥുനം എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്നായി അനുഭവപ്പെടും അങ്ങനെ ഒന്നായി അനുഭവപ്പെടുമ്പ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഏന്നും കേട്ടിട്ടില്ല അതൊന്നാമ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് വിധിനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതരേതരവിവേക സംഭവം സത്യവും അനർദവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റില്ല ഇതം എന്ന് പറയുന്നത് ശുക്തിയാണ് അല്ലെങ്കിൽ രജുവിനെയാണ് അനൃതമായിരിക്കുന്ന സർപ്പം അല്ലെങ്കിൽ രജതം വേറെയാണ് എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല രണ്ടും കൂടെ ഒന്നായി അനുഭവമുള്ള അതാണ് ഇതരേതര വിവേകമില്ലാത്തത് കൊണ്ട് എന്ത് വരുന്നു അധ്യാസം അപ്പോഴാണ് നമുക്ക് ബോധമുണ്ടാകുന്നത് ഇത് സർപ്പമാണോ ഇത് രജതമാണോ അത് അവിടെ കൃത്യമായി പറയുകയാണ് അതിനൊക്കെ ഓർമ്മയിരിക്കണം എന്നാലും ഇതുകൊണ്ട് പ്രയോജനമാണ് തത് സത്യാനർത്ഥ മിഥുനമുക്തം പരത്ര പൂർവ്വദിഷ്ട ഉപാസെന്നു പറഞ്ഞപ്പോ ഇവിടെ മിഥുനം വന്നു രണ്ടും ഒന്നായി ഏതൊക്കെ രണ്ടും കൂടെ സത്യം അനുഭവം ഒന്നായി അനുഭവപ്പെടുന്നു ഇവിടെ സത്യത്തെ എങ്ങനെ അറിയുന്നു മിതമെന്നറിയുന്നു സ്യാദ് പൂർവ്വക്ഷണെന്ന് പൂർവ്വപക്ഷം മനസ്സിലാക്കുന്നു പരത്ര പൂർവദിഷ്ടവഭാസം അതിവ്യാപകത്വ പറയുന്ന എന്താണ് പരത്ര പൂർവദിഷ്ടവഭാസ ഇതാണല്ലോ ലക്ഷണം അധ്യാസ ലക്ഷണം ഇത് അലക്ഷണം ഇത് ലക്ഷണമല്ല എന്തുകൊണ്ട് അതിവ്യാപകത്വ അതിവ്യാപ്തി ഉള്ളത് കൊണ്ട് എന്നുവെച്ചാൽ ഈ ലക്ഷണം ഏറെ സ്ഥലത്ത് പോകുന്നു അതെങ്ങനെ അസ്ഥിഹി സ്വസ്തിമത്യാം ഗവി പൂർവദിഷ്ട ഗോത്വസ്യ പരത്ര കാലാക്ഷ്യംഭാസ അതായത് ഒരാള് ഒരു ജീവിയെ കണ്ട് ആ ജീവിയെ കണ്ടിട്ട് ആ ജീവി പശു ആണെന്നറിഞ്ഞു ഇത് പശുവാണ് ഒരാൾ പറഞ്ഞു കൊടുത്തു ഇത് പശു ആണ് മുമ്പായ കറിയില്ല അത് പശുവാണെന്ന് അറിഞ്ഞു അത് കഴിഞ്ഞ് അയാളെന്ത് ചെയ്യുന്നു അടുത്ത് പോയി വേറെ അടുത്ത് ചെല്ലുമ്പം അവിടെ ഒരു ജീവ കാണും അതും പശു തന്നെ അയാൾ പശുവാണെന്നറിയുന്നു അപ്പോൾ ഒരു പശുവിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കാരുമില്ല പശുവിനെ കണ്ടപ്പോൾ ഇത് പശുവാണെന്ന് അയാൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നു കാരണം ഇവിടെ ആദ്യം കണ്ട പശു വ്യക്തി ഒരു വ്യക്തിയെന്നുള്ള അത് വേറെയാണ് രണ്ടാമത് കാണുന്ന വേറെയാണ് രണ്ടൊന്നാണ് പശു ഒന്നാണെന്ന് പറയും പക്ഷെ രണ്ട് വ്യക്തികളാണ് ആദ്യം കണ്ട പേരെ രണ്ടാമത്തെ പക്ഷെ ആദ്യമൊരു പശുവിനെ കണ്ട് ഒരു ജീവിയെ കണ്ട് അത് പശുവാണെന്നറിഞ്ഞതിന് ശേഷം രണ്ടാമത് ജീവിയെ കണ്ടിട്ട് അതും പശുവാണെന്നറിയണമെങ്കിൽ ഈ രണ്ട് പശുവിനും പൊതുവായിരിക്കുന്ന എന്തുകൊണ്ട് സാമാന്യം അതിനാണ് ജാതി എന്ന് പറയുന്നത് അവിടെയാണ് താർക്കികന്മാര് ജാതി അംഗീകരിക്കുന്നത് സർവത്ര ജാതിയെ സ്വീകരിക്കുന്നിടത്ത് ഇതുതന്നെയാണ് വ്യക്തി കാരണം വ്യക്തികൾ ഭിന്നമാണ് ഒരു വ്യക്തിയല്ല മറ്റൊരു വ്യക്തി ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതിനു അതേപോലുള്ള വേറൊരു വ്യക്തിയെ കാണുമ്പോൾ അതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വ്യക്തികളിൽ പൊതുവായി എന്തോന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പശുവിനെ തിരിച്ചറിഞ്ഞിട്ട് വേറൊരു ജീവിയെ കാണുമ്പോൾ ഇതും പശുവാണെന്ന് അറിയുന്നു അങ്ങനെ രണ്ടിനും പൊതുവായുണ്ട് അതുപോലെ എത്രമാത്രം പശുക്കൾ ലോകത്തുണ്ടോ എല്ലാ പശുക്കളിലും പൊതുവായി ഒന്നിരിക്കുന്നു അങ്ങനെയാണ് സാമാന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നു അങ്ങനെ ഒന്നില്ലെങ്കിൽ വ്യക്തികൾ ഭിന്നങ്ങളായതുകൊണ്ട് ഒന്നിനെ കണ്ടാൽ വീണ്ടും രണ്ടാമത്തേതിനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇത് പശുമാണ് ഇതാരും പറഞ്ഞുകൊടുക്കണ്ട സ്വയം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത് രണ്ടു വ്യക്തികളിലും പൊതുവായിരിക്കുന്ന എന്തോ ചില ധർമ്മങ്ങളുണ്ട് അതിനെല്ലാം കൂടെ ചെറുത് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാലായിരിക്കും കാലായിരിക്കും തലയായിരിക്കും നിറമായിരിക്കും ഈളം വീതി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇത് പശുവാണെന്ന് അതിനെ ഒരു ധർമ്മം ഇതെല്ലാം കൂടെ ചേരുന്ന ധർമ്മമാണ് മനുഷ്യന് പറയുന്നത് അത് തന്നെയാണ് ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞിട്ട് വേറൊരു മനുഷ്യനെ കാണുമ്പോൾ ഇത് മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതി അടയാളങ്ങളുണ്ടോ ബാഹ്യമായി അടയാളങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് സാമാന്യം അല്ലെങ്കിൽ അതാണ് ജാതി ഇപ്പൊ പരത്ര പൂർവദിഷ്ട ഔപാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയൊരു പശുവിനെ കാണും പശുവാണെന്നറിയുന്നു ഇവിടെ ഇപ്പൊ അറിയുന്ന എന്തുകൊണ്ട് മുമ്പ് ഒരു സ്ഥലത്ത് അയാളെ ഒരു പശുവിനെ കണ്ട് പശുവാണെന്നറിഞ്ഞു പക്ഷെ മുമ്പ് ഒരു പശുവിനായ ഗോത്വത്തെ അറിഞ്ഞു മുമ്പ് പശുവിനെ കണ്ടിട്ട് അതിനെ ഗോത്വത്തെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പശുവിനെ കാണുമ്പോൾ ഇതും പശു കാണെന്നറിയുന്നു എന്തുകൊണ്ട് കൂടി ആ ഗോത്വത്തെ അറിയുന്നു മുൻപ് കണ്ട ഗോത്വത്തെ അയാൾ മുമ്പിലിരിക്കുന്ന പശുവിനെ കാണുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പശുവിനെ കാണുമ്പോൾ പശു എന്നറിയുന്നു അല്ലെങ്കി എങ്ങനെ അറിയും നമ്മൾ പറയുക അത് ആ മുൻപ് കണ്ട പശുവിനെ പോലെയാണല്ലോ ഈ പശു ആ പശുവിനെ പോലെയാണ് ഈ എന്ന് പറയുന്നതിന് ഈ പശുവിൽ എന്തെങ്കിലും വേണമല്ലോ അതിനാണ് പറയുന്നത് ഗോത്വം സാമാന്യെന്ന് പറയുന്നത് ഇപ്പൊ പരത്ര ഇപ്പൊ കാണുന്ന പശുവിൽ പൂർവ്വദിഷ്ട അവകാശം മുൻപ് കണ്ട ഗോത്വത്തിന്റെ ജ്ഞാനം ഏ എന്നുപറഞ്ഞാൽ മുമ്പൊരു കണ്ടിട്ട് ഇപ്പൊ ഒരു പശുവിനെ കണ്ടിട്ട് ഇത് പശുവാണെന്നറിയുന്നത് ഇതിന പ്രത്യഭിജ്ഞല്ല സ്വയം ദേവദത്താന്ന് പറയുമ്പോൾ ആ ഇതും പശുവാണ് ഇനിയൊരു പശുവിനെ കാണുമ്പോൾ ഇതും പശുവാണോ ഇങ്ങനെയുള്ള ഓരോ തിരിച്ചറിവുകളും എന്താണോ ഭ്രമം അല്ല പിന്നെ ഇതെന്താണോ എന്താണത് ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രത്യഭിജ കേട്ടോണ്ടിരിക്കുന്നു ഒന്നും കേക്കുന്നില്ല അത് തന്നെയാണ് ഇത് എന്നറിയുന്നതാണ് പ്രത്യഭിഞ്ഞ അപ്പൊ പ്രത്യഭിന്യാവദത്തനെ മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു ഇവിടെ വെച്ച് കാണുന്നു കണ്ടിട്ട് വരുന്നു അന്ന് കണ്ട ദേവദത്തനാണ് ഈ ദേവദത്തൻ ഇങ്ങനെയാണ് പ്രതിഭിന് എന്നത് ഇത് ഭ്രാന്തിയല്ല അത് തന്നെയാണ് ഇതെന്നറിയുന്നത് പരത്ര എന്ന് വെച്ചിപ്പം മുമ്പ് കാണുന്ന ഗോവിൽ പൂർവ ദുഷ്ട്പ്പുകൊണ്ട ഗോത്വത്തിന്റെ പ്രതീ അതുകൊണ്ടാണ് ഇതിന ഗോവ എന്നറിയുന്നത് ഈ ജ്ഞാനത്തിന് എന്ത് പറയും പൃഥ്വിജ്ഞ ബ്രഹ്മം വേറെ പൃഥ്വിഞ്ഞ് പേരെ പൃഥ്വിജ്ഞ യഥാർത്ഥമാണ് എന്തായാലും അത് പറയാം ചില അതിനെ യഥാർത്ഥം എന്ന് പറയത്തില്ല അല്ലെങ്കിൽ ഭ്രമഭിന്നമായ ജ്ഞാനമാണെന്ന് പറയാം അതിന് ഇവിടെ പറയുന്നത് സ്വസ്ഥി മതി എന്ന് പറയുന്ന ഒരു ഗോ ഒരു പശുവിൻ്റെ പേരാണ് എന്നു വെച്ചാൽ ലക്ഷണമുള്ള പശുവിനെയാണ് സ്വസ്തി മതി എന്ന് പറയുന്നത് സ്വസ്ഥിമംഗളമുള്ള സ്വസ്ഥിമതി എന്ന് പറയുന്നത് കുളമ്പിൽ വെളുത്ത രോമങ്ങളുണ്ട് പാലിൻ്റെ അറ്റത്ത് വെളുത്ത രോമുണ്ട് നെറ്റിയിൽ കുറിയുണ്ട് വെളുത്ത ഇടേക്കാണ് സ്വസ്തി എന്ന് പറയുന്നത് ഒരു പശുവിന്റെ പേരാണ് പിന്നെ അടയാള കൊള്ളുകൊണ്ട് അതിന് സ്വസ്തി മതി പേരിട്ടു അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ മനസ്സിലാക്കി ഇത് ഗോവാണ് പിന്നെ വേറെടുത്ത് ചെന്നപ്പോൾ വേറെ പശുവിനെ കണ്ട അതിൻ്റെ പേര് കാലാക്ഷിയുമാണ് കാലാക്ഷിയെന്നു വച്ചാൽ കറുത്ത കണ്ണുള്ള പശു പശുവിന് ചേരുമ്പോ തവിട്ട് കളർന്നൊരു കണ്ണിന് കറുത്ത കണ്ണുള്ള പശു ഇപ്പൊ സ്വസ്ഥിമതിന്ന് പേരിട്ടാ പശുവിനെ കണ്ടപ്പോയാളെന്തെറിഞ്ഞോ പശുവാണ് കാലാക്ഷി കണ്ടപ്പോഴും എന്തറിഞ്ഞ പശുവാണ് രണ്ടടുത്തും ഇയാളറിഞ്ഞ എന്തിനാ പശുവിനെയാണോ അറിഞ്ഞ രണ്ടടുത്തും അറിഞ്ഞ എന്തിനാണോ ഗോത്വം പരത്ര എന്ന് വെച്ചാ ഇപ്പൊ കാണുന്ന കാലാക്ഷിയിൽ പൂർവ്വദുഷ്ടസ്യ ഗോത്വത്തിന്റെ അവകാസം ഇവിടെയുണ്ട് ഒരു പശുവിനെ കണ്ടു കഴിഞ്ഞിട്ട് വേറൊരു പശുവിനെ കണ്ട് അതും പശുവാണെന്ന് തിരിച്ചറിയുന്നിടത്ത് വന്നുണ്ട് പരത്ര പൂർവ്വദിഷ്ഠാസം അപ്പോൾ ഇതാണ് അതിവ്യാപ്തി അപ്പോൾ ഒരു പശുവിനെ കണ്ടിട്ട് വേറൊരു പശുവിനെ കണ്ട് ഇത് പശുവാണെന്ന് തിരിച്ചറിയുന്ന ഈ ജ്ഞാനത്തിന് എന്താ പറയുന്നത് പ്രത്യവിജ്ഞ അപ്പോൾ ഇത് ഭ്രാന്തിയല്ല അപ്പോൾ ഭ്രാന്തിയുടെ ലക്ഷണം അവിടെ പോയി അതിവ്യാപ്തിയാണ് പേരെടുത്ത് പോകുന്നു ഒരു ലക്ഷണം ഒരിടത്തേക്ക് പറഞ്ഞ് പേരെടുത്ത് പോയി അതാണ് പരത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന പശുവിനെടുക്കണം പൂർവദിഷ്ട ഉണ്ട് എന്തുണ്ട് സ്വസ്ഥിമത്യാഗവി ഇതിപ്പോ കാണുന്ന പശുവിൽ പൂർവ്വദുഷ്ടസ്യ ഗോത്വസ്യ മുൻപ് കണ്ട ഗോത്വം നുമ്പ് ഗോത്വം എവിടെയാ കണ്ടത് അല്ല ഇത് ആദ്യം പറയുന്നത് സ്വസ്ഥിമത്യെന്ന് പറഞ്ഞാൽ പൂർവ്വദിഷ്ട ആദ്യം കണ്ടത് സ്വസ്ഥിമത്യാൻ കഴി പൂർവദിഷ്ട ആദ്യത്തെ പശുവാണ് അതിന്റെ പേരാണ് സ്വസ്ഥിമതി അതിന്റെ പൂർവ്വദിഷ്ടമായ എന്ത് ഗോത്വം പരത്ര ഇപ്പൊ കാണുന്നു ഇപ്പൊ കാണുന്ന ആരെയാണ് കാലാക്ഷി ഇപ്പൊ കാണുന്നത് പശുവിന്റെ പേരാണ്മതി എന്ന് പറയുന്നത് പഴയ പശു അതിൽ പൂർവദിഷ്ടമായ ഗോത്വത്തിന്റെ പരത്ര ഇപ്പൊ കാണുന്ന കാലാക്ഷിയിൽ ബോധമുണ്ടപ്പം പരത്ര കാലാക്ഷിയാം പൂർവദിഷ്ട്യ ുഭവുണ്ട് ഇത് പ്രതിബിന്നിയാണ് പലത്ര പൂർവദിഷ്ട അവഭാസാന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രതിഭിഞ്ഞി പോയി വേറെദാഹരണം പറയുന്നു അസ്തിജ പാടലിപുത്രേ പൂർവദിഷ്ട ദേവദത്ത പലത്ര മാഷ്മത്യ അവാസ സാധാരണ സോയം ദേവദത്തുന്നു ദേവദത്തനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു എവിടെ പാടലിപുത്രത്തിൽ പഴയ സ്ഥലങ്ങളാണ് ഇന്നത്തെ പാട്ന പാടലിപുത്രത്തിൽ വെച്ച് ആരെ കണ്ടു ദേവദനെ കണ്ടു അത് കഴിഞ്ഞ് മായുഷ്മതി സ്ഥലത്ത് പഴയ സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നു ദേവദത്തൻ വേണമെന്ന് പറയുന്ന സ്വയം ദേവദത്ത ഇത് പാടലിപുത്രത്തിൽ കൊണ്ട ദേവദത്തനാണോ അവിടെ അവൻ തന്നെ ഇവൻ അപ്പോൾ എന്തുവരുന്നു ഇവിടെയും പരത്ര മഹിഷ്മത്തിയിലുള്ള ദേവദത്തനിൽ പൂർവ്വദിഷ്ട പാടലിപുത്ര ദേവദത്തൻ്റെ ജ്ഞാനം ആ ദേവദത്തൻ തന്നെ ഈ ദേവദത്തനെന്ന് പറയുന്നു ഇതും ഭ്രമോൺ ുത്രെ പൂർവദിഷ്ട പാടലിപുത്രത്തിൽ മുമ്പ് കൊണ്ട ദേവദത്തിന്റെ പരത്ര എന്ന് വെച്ചാൽ മാഷ്മതി എന്ന് പറയുന്ന സ്ഥലത്തിൽ അവഭാസ ഇത് സമീചീനഹ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനമാണ് ഭ്രാന്തി അല്ല ഇത് പ്രതിവിജ്ഞയാണ് പ്രതിവിജിജ്ഞ ഇവിടെ പരത്ര പൂർവദിഷ്ട ഉപാസ എന്ന് പറഞ്ഞാൽ ഭ്രമത്തിന്റെ ഈ ലക്ഷണം എവിടെ പോകുന്നു യഥാർത്ഥം ഞാനിത് പോകുന്നു ഇതാണ് ഇവിടുത്തെ ഇനിയും സമീചനേ വിപ്രീ പ്രസിദ്ധം യഥാ നീലസ്യോപാസ് പീതാസ് പരത്ര പൂർവദിഷ്ട അവഭാസ അവഭാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനത്തിനും പ്രയോഗിക്കുന്നു ഭ്രാന്തിക്കല്ലാതെ പ്രയോഗിക്കുന്നു യഥാർത്ഥത്തിനും പ്രയോഗിക്കും അതും ദോഷമാണ് ഉദാഹരണം പറയുന്നത് നീലസ്യഅഭാസം എന്ന് വെച്ചാൽ നീലജ്ഞാനം പീതസ്യ അവഭാസം എന്ന് വെച്ചാൽ പീതജ്ഞാനം മഞ്ഞയുടെ ജ്ഞാനം തറുപ്പിന്റെ ജ്ഞാനം ഇവിടെയൊക്കെ അവഭാസ എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു എങ്ങനെയാ പ്രയോഗിച്ചിരിക്കുന്നു യഥാർത്ഥം ഞാനൊന്നുള്ള അർത്ഥ പരത്ര പൂർവ്വ സ്മൃതി രൂപ പരത്ര പൂർവ്വദിഷ്ടാവഭാസം എന്ന് പറഞ്ഞാൽ നിന്റെ ലക്ഷണമാണ് ഭ്രമത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞത് അതിൻ്റെ ഒരു അവഭാസ ശബ്ദം വന്നു അത് യഥാർത്ഥം ഞാൻ ഇതിനുപയോഗിക്കുന്നതാണ് ഭ്രമത്തിന്റെ ലക്ഷണം പറഞ്ഞപ്പോ അതിലുപയോഗിച്ച പ്രധാന പദം എന്തർത്ഥത്തിലുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് അതും ദോഷമാണ് അതും ദോഷമാണ് എവിടെയുള്ള അവഭാസപഥം ആ ലക്ഷണത്തിൽ ബ്രഹ്മ ലക്ഷണത്തിലുള്ള അവഭാസ പതഞ്ച സമീചനെ സമീചീവന പ്രത്യേകം വെച്ചാൽ യഥാർത്ഥ ജ്ഞാനത്തിനും പ്രസിദ്ധം എന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളിൽ പ്രയോഗിക്കാറുണ്ട് അതാണ് പ്രസിദ്ധ തോന്നത് ഉദാഹരണം പറയുന്നു യഥാ നീലസ്യോഭാസെന്നല്ല നീല നിറത്തിന്റെ പീതസ്യോഭാസ പീതത്തിന്റെ ജ്ഞാനം എവിടെയൊന്നും ബ്രഹ്മോ എന്നർത്ഥം വിത്യദാഹ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുള്ളത് കൊണ്ട് ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷണത്തിൽ ഒരു പദം കൂടെ ചേർത്ത് സ്മൃതിരൂപ ഇനി സ്മൃതിരൂപം വ്യാഖ്യാനിച്ച ലക്ഷണം പൂർണമാവും സ്മൃതി രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൃതിർ സ്മൃതിർ രൂപം ഇവ രൂപം അസീതി സ്മൃതിരൂപ ഒരാണ്ട് പേരാണ് ഉഷ്ട്രമുഖൻ ഉഷ്ട്ര ഒട്ടകം ഉഷ്ട്രമുഖനെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉഷ്ട്രമുഖം എസ്യ ആരുടെ മുഖമാണോ ഒട്ടകത്തിന്റെ മുഖം പോലെയിരിക്കുന്നു ഒരാളെ ഇരട്ട പേരിട്ട് വിളിക്കുന്നതാണ് ഉഷ്ട്രമുഖനെന്ന് കണിയാക്കി പറയുന്നത് അപ്പൊ വെച്ചാൽ ഉഷ്ട്രസ്യ മുഖം തന്നെ ഷഷ്ടീസമാസം പൊട്ടകത്തിന്റെ മുഖം ഒന്നല്ല പിന്നെ പൊട്ടകത്തിന്റെ മുഖം പോലെയുള്ള മുഖം ആർക്കാണോ ഉള്ളത് അവനാണെന്തു ഇഷ്ടമുക്കൽ അതുപോലെ ഇവിടെ സ്മൃതി രൂപം എന്ന് പറഞ്ഞാൽ രൂപം ഇവ രൂപം യസ് സസ്മൃതിരൂപ യസ്യാസ്യ സ്മൃതിയുടെ രൂപം പോലെയുള്ള രൂപത്തോടു കൂടിയ ജ്ഞാനം അതാണ് സ്മൃതി രൂപയുടെ അർത്ഥം സപ്തമി ഉപമാന പൂർവദസ്യുപ്രീഹർ വാച്ച് വാച ഉത്തരപദോ വാർത്തിക ഉപമാനപൂത പൂർവപദം ഉപമാനം പൂർവപദമായിട്ട് വരുന്ന ഒരു ശബ്ദവുമായിട്ട് ഉത്തരപദമായിട്ട് സമാസം വരും ഉത്തരപദം ലഭിച്ചു ഇവിടെ ഉപമാനപൂർവ്വതമാണ് സ്മൃതിരൂപം ഇവ അവിടെ സ്മൃതി രൂപം എന്ന് പറയുന്നതാണ് ഉപമാനപൂർവ്വം ഇവ ചേർത്തേണ്ടത് ഉപമാനമാണ് ഉഷ്ട്രമുഖത്തെ ഉഷ്ട്രമുഖം ഇവ ഉഷ്ട്രമുഖം എന്ന് പറയുന്നത് ഉപമാനമാണ് കാരണം അവന്റെ മുഖത്തെ എന്തിനോട് ഉപയോഗിക്കുന്നു ഉഷ്ട്ര മുഖത്തോട് അതുകൊണ്ട് അത് ഉപമാനമായി എന്തിനോടാണോ ഉപമിക്കുന്നത് ഉപമാനം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഉഷ്ടത്തിന്റെ മുഖം കൊണ്ട് ഉപയോഗിക്കുകയാണ് അവന്റെ മുഖത്തെ അപ്പോൾ ഉഷ്ട്രമുഖം ഉപമാനം പൂർവപദമായി വന്ന് അടുത്ത് സമാസം ചെയ്യുന്ന ഏത് പദവുമായിട്ട് മുഖശബ്ദമാണ് ഉഷ്ട്രമുഖം ഇവമുഖം ഉഷ്ട്രമുഖസു മുഖസു സമാസം വന്നു കഴിഞ്ഞാൽ ഉത്തരപോധ ലോകമാണ് മുഖശബ്ദം സമാസത്തിലെ ഉത്തരബോധത്തിന് ലോകം ആ മുഖശബ്ദത്തിന് ലോകം വരും ശേഷിക്കുന്ന ുഷ്ട്രമുഖവും മുഖവുമായിട്ട് സമാസം ചെയ്തു കഴിഞ്ഞാൽ ഉഷ്ട്രമുഖയിലെ മുഖശബ്ദത്തിൻ്റെ ലോകം വരും ഉഷ്ട്രമുഖന്ന് രൂപ ഉഷ്ട്രമുഖെന്നു വെച്ചാൽ അവിടെ ബൌറി സമാസമാണ് ഉഷ്ട്രത്തിൻ്റെ മുഖം പോലെയുള്ള മുഖത്തോട് കൂടിയവൻ അതുപോലെ സ്മൃതി രൂപം എന്ന് പറഞ്ഞാൽ സ്മൃദേഹ രൂപമെന്നല്ല രൂപപ്പ പ്രത്യാന്തല്ല പ്രശംസയാം രൂപപ്പ എന്നൊരു സൂത്രപ്രകാരം രൂപപ്പത്യം ഇരിക്കുന്നുണ്ടോ രൂപശബ്ദവും സ്മൃതി ശബ്ദവും തമ്മിൽ ഗൗരി സമാസം ചെയ്യുന്നത് ഇപ്പൊ സ്മൃതിയുടെ രൂപം പോലെയുള്ള രൂപത്തോടുകൂടി സ്മൃതി അല്ല നടത്തും എന്നാൽ സ്മൃതി പോലെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഭ്രമം എന്ന് പറയുന്നത് പൂർവ്വദൃഷ്ടത്തിന്റെ പ്രതീതിയാണെങ്കിലും അത് സ്മൃതിയല്ല എന്ന് പറഞ്ഞ എന്താണ് ഇന്നലെ ഞാൻ ആനയെ കണ്ട് എന്ന ആനയെ സ്മരിക്കുന്നു ഇത് ഭ്രമമാണ് ഇന്നലെ കണ്ട് ആനയും ഓർമ്മിക്കുന്നേയുള്ളൂ പക്ഷെ ഞാൻ പോത്തിനെ കണ്ടിട്ട് ആനയെന്ന് ഭ്രമിച്ചു അവിടെയും എന്തുണ്ട് ഞാൻ ഇപ്പൊ വേണ്ട ആ ആനയുടെ സ്വാധീനമുണ്ട് എന്റെ സംസ്കാരത്തിന്റെ സ്വാധീനമാണ് അപ്പൊ അത് ഒരു സ്മൃതി പോലെയാണ് അന്ന സ്മൃതിയല്ല ഞാൻ ഇന്നലെ ഒരു ആനയെ കണ്ടിട്ട് ഇന്ന് സ്മരിക്കണെങ്കിൽ അത് യഥാർത്ഥമാണ് ഭ്രാന്തി പക്ഷെ പോത്തിനെ കണ്ടിട്ട് ആനയെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണ് എന്താണോ ഭ്രാന്തി എന്ന് പറയുന്നത് സ്മൃതിയല്ല എന്ന സ്മൃതി പോലെയാണ് എന്ന് ചോദിക്കർപ്പാണുമ്പം ആ സർപ്പം എന്ന് പറയുന്നത് പ്രത്യക്ഷം ഞാനുമാണ് അതൊരിക്കലും സ്മൃതി അല്ല ആ സർപ്പം എന്നല്ല ഈ സർപ്പം എന്ന് അറിയുന്നത് സ്മൃതിയാണെങ്കി എങ്ങനെയറിഞ്ഞെ ഞാൻ പണ്ട് അവിടെ കണ്ട ആ സർപ്പം എന്ന് അറിഞ്ഞു ഇത് പ്രത്യക്ഷമായിട്ട് എങ്ങനെ അറിയുന്നു ർപ്പം അപ്പൊ ഇത് സ്മൃതിയല്ല സ്മൃതി പോലെയാണ് സ്മൃതി പോലെ എന്ന് പറയാൻ കാരണം ആ മുമ്പ് കണ്ട സർപ്പത്തിന്റെ ആ സംസ്കാരവും ഒരു കാരണമാണ് ഉള്ളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് കയറുകണ്ടപ്പോ സർപ്പം ഒന്ന് തോന്നി അതുകൊണ്ടാണ് സ്മൃതി രൂപം എന്ന് പറയുന്നത് സ്മൃതിയുടെ രൂപം പോലെയുള്ള രൂപം എന്നിവ സ്വരൂപം സ്മൃതിയുടെ രൂപം പോലെയുള്ള രൂപം എന്ന് വെച്ചാൽ സ്മൃതി പോലെ നടത്തും സ്മൃതി പോലെയുള്ള ഒരു ജ്ഞാനം എന്നാ പ്രത്യക്ഷമാണ് യഥാർത്ഥമല്ല യഥാർത്ഥമാണ് അതാണ് രജ്ജുല സപ്പജ്ഞാനം പറയുന്നത് അത് സ്മൃതിയാണെന്ന് തിരുദ്ധരിക്കാൻ ഭ്രാന്തി സ്മൃതിയല്ല സ്മൃതിയാണെങ്കിൽ ആ കണ്ട അത് എന്നെ ഓർക്കൂ അല്ലാതെ ഇത് എന്ന് അനുഭവിക്കത്തില്ല സ്മൃതിരൂപീതി സ്മൃതേ സ്മൃതേ രൂപം ഇവ സ്മൃതേഹേ രൂപം ഇവ നട സ്മൃതേ രൂപം ഇവ അവിടെ എന്ത് സമാസ സന്ധ്യയാവുന്നത് എന്ത് സന്ധ്യ വന്നുപ്രകാരം രേപര പൊറത്തുള്ള ദീർഘമാണ് അതുകൊണ്ട് പിന്നെ ദീർഘത്തിന്റെ ആവശ്യമുണ്ട് പിന്നായി മണ്ണിനാണ് ദീർഘം വരുന്നത് സ്മൃദയ രൂപം ഇവ രൂപ സ്മൃതിരൂപ എന്ന് പറയുന്നത് അപ്പോ ഇത് എന്താണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് പ്രതിജിജ്ഞ അല്ല പിന്നെ എന്താണ് സ്മൃതി പോലെയുള്ള ഒരു ജ്ഞാനമാണ് സ്മൃതി രൂപം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പ്രത്യേകത അസന്നിഹിത വിഷയത്വ സ്മൃതിരൂപത്വം സ്മൃതി രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വിഷയം എന്താണ് സന്നിഹിതമല്ല സന്നിഹിതമായ വിഷയം അല്ല ഭ്രാന്തിയാണല്ലോ വിഷയം മുമ്പിലില്ല സ്മൃതിയിലും വിഷയം മുമ്പിലില്ല ഇവിടെ ഭ്രാന്തിയിലും യഥാർത്ഥ വിഷയം മുമ്പിലില്ല അതാണ് അസന്നിഹിത വിഷയത്വ സ്മൃതിരൂപത്വം അപ്പോ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ബ്രഹ്മസ്ഥലത്ത് സർപ്പം അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പൊ അസന്നിഹിതം എന്ന് സത്യമായി നിലനിൽക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം സത്യമായി അവിടെ ഇല്ല ഭ്രാന്തിരൂപത്തിലുണ്ട് ഇവിടെ സ്മൃതി രൂപം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സത്യമായി ഇല്ല എന്നാ ഭ്രാന്തിരൂപത്തിലുണ്ട് ശരിക്കുമുള്ള സ്മൃതിയാണെങ്കിലോ അത് മുമ്പ് സത്യമായി കണ്ടതിന്റെ സ്മരണയുണ്ട് സന്നിഹിത വിഷയം പ്രതിവിജ്ഞാൻ പ്രതിവിജ്ഞയുടെ പ്രത്യേകത എന്താണ് വിഷയം മുമ്പിക്കാണു സ്വയം ദേവദത്താന്ന് പറഞ്ഞാൽ ദേവദത്തനെ കണ്ടിട്ട് പറയുന്ന അവിടെ കണ്ട ദേവദത്തൻ അവിടെ വിഷയം എവിടെയുണ്ട് മുമ്പില് വ്യാവഹാരികമായിട്ടുണ്ട് വ്യവഹാരി സത്യം മറ്റിടത്ത് അങ്ങനെയല്ല ഇനി വിഷയം ഉണ്ടെന്ന് വാദിച്ചാൽ തന്നെയും ആ വിഷയം എങ്ങനെയുള്ളത് പ്രാതിഭാസികമാണ് സർപ്പത്തില് ഈ പറയാ ഒരാക്കവിടെ വിഷയം വിഷയ പ്രാതിഭാസികം ിഹിത വിഷയം പ്രതിവിജ്ഞ പ്രതിവിജ്ഞയുടെ പ്രത്യേകത എന്താണ് അവിടെ വ്യാവഹാരികമായി വിഷയം മുന്നിൽ പ്രതിവിജ്ഞ സമീചീനമാണ് സ്മൃതി രൂപം എന്ന് സ്മൃതിരൂപത്തിൽ സന്നിഹിതമായ വിഷയം എങ്ങനെയുള്ളത് പ്രാതിഭാസം പ്രത്യവിജ്ഞയിൽ സന്നിഹിതമായ വിഷയം എങ്ങനെയുള്ളത് സമീചനം എന്നുവെച്ചാൽ അതുകൊണ്ട് സ്മൃതിരൂപം ചേർത്തത് കൊണ്ട് പൂർവദിഷ്ടവാസെന്നു പറയുന്ന ലക്ഷണം പ്രത്യഭിഞ്ഞ് പോകുന്നില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ലക്ഷണം പോകുന്നില്ല